ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹു സുബഹാനഹുവറ്റ ആലാവിനാണ് നിങ്ങൾക്കു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കു തന്നെയും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് നാം ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ നിഷേധികളായാൽ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അല്ലാഹു സുബഹാനുഹൂവറ്റ ആലാവിനാകുന്നു അള്ളാഹുസുബഹാനഹഹുവറ്റ ആലാ എല്ലാവരിൽ നിന്നും മുക്തനും സ്തുത്യർഹനുമാകുന്നു